ക സാശിവചാര്യം അസ്മാചാര്യപര്യന്തം വന്ദേ ബോധനവ്യാഖ്യാശ്രമിഷന്യാത്രം ബ്രഹ്മീരി ആചാര്യേന്ദ്രം കരമാനന്ദമൂർം സ്വാമി ശ്രീധാര मोहध्वांतवाक भगवत्दाजा बिभ्रते तस्म भाष्य नमोस्तु सतत पूर्णा बोधात्मने अपारसचिखवाशे योवनम समस्तम ുഭാഷകം തമണം ഗഭീരം ചിന്തിവിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിത്തോ നഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയ ദൃഷ്ട്വാനിഷ്ടാത്മന ോഹം സ്ഫൂർത്തിയാ അരുണാചലശിവ പൂർണോ വിഭാതി സ്വയം കരുണാൂർണസുധേ കബളിദഘന വിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവി രുണാചലസൂസ് പ്രലീനമേത ചിത്രം ഹൃദ്യഹിത്മതയാ നൃത്യ ഭോസ് വൃദയം നാമ അഹമിതി കൂത ആയാന്ഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപം ശാമ്യരുണാ ചല ത്വി നദീവാബൌ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം पश्यद योगी अर्पितमनसात्वां श्योगीयनस पश्यवा कृतया सतत भजते अन्य प्रीतिया सजय्तरुणाचल सुखे मग्न शोण प्रभं सोमकलापत सम पाणीस्फुसरेक्षुचाप ണപ്രിം നൗമുണേ കോണത്രയസ് കൂലദൈവത നമുയാമി നഥലേഖാലുന്തളാ ഭസണസുധാനദീ ചൂടോത്തം സ്രസുക്കലി സഞ്ജർഷി കാ ഭാസ്വരോ ലീലാദഗവിലോലാമശലഭശ്രേയോദശാഗ്രേ സ്ഫുടൻ അന്തസ്ഫൂർത് അപാരമോഹതിരപാഗ്ഭാരുച്ചാടയൻ ചേട്ട സത്മനിഗി വിജയത്തെ ജാനപ്രദീപോഹരോജവദുജേസ്മാക്കും സധി സധി കിയ चंद्रसम का नाकादिराजस्ुता मूकाना कधुनीकाशवैवकाीनगरी विहाररसिका शोकापंत्री सता पुण्यपर पशुपते आकारिणी राजजते नाम യോന്ത് പ്രവിശ്യമമവാചയിമാസുക്തം സഞ്ജീവയ ഖില ശക്തിധരസ്വധരണശ്രവത്വാദീൻ പ്രാണന്നമോ ഭഗവേ പുരുഷാത്തുഭ്യം धेयं ഓയം സദാ പരിഭവഗനമീഷ്ടോഹം തീർസ്പദം ശിവ വിവിഞ്ചിന് ശരണ ഭർത്തിനം പ്രണതപാഭവാഭ്യപോതം വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം തൃക്കുദുസ്ഥതസുരേപ്പ്സിതരാജ്യലക്ഷ്മി ധർമ്മിഷ്ട ആര്യവസാദാദരണ്യം മായാമൃഗം ദൈതയെപ്പസിതമന്വധാവത്തി वन्दे वंदे महापुरुषार हरि ओ पुरातन का नम्बे भारत देश महात्मा आविर्भव സത്സംഗം നടന്നിട്ടുണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സത്സംഗമല്ലാതെ വരെ വഴിയില്ല നാരദ മഹർഷി ഭക്തിസൂത്രത്തിലും നാരദൻ പറയുന്നു ഈ ഭക്തി ഭഗവത് അനുഭവം സത്സംഗത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് സത്സംഗത്തിന്റെ ഫലം അമോഘമാണ് ഒരിക്കലും വ്യർത്ഥമാവാത്തതാണ് പുഷ്പത്തിന്റെ അടുത്ത് ഒരു പൂച്ചേരിയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ സുഗന്ധം ഇവ ഈ മാലയുടെ സുഗന്ധം നമുക്ക് വീശുന്ന പോലെ സാധുക്കളുടെ സംഘത്തില് ഭക്തിയുടെ സുഗന്ധം പരിമളം നിറഞ്ഞു നിൽക്കും ഭക്തി മനസ്സിനെ ബ്രഹ്മാകാരമാക്കി തീർക്കുന്നു തതർപ്പിത അഖില ആചാരത തദ്വിസ്മരണേ പരമവ്യാകുലത ഒരു ക്ഷണനേരം ഭഗവാനെ മറന്നാൽ വെള്ളത്തിന് പുറത്തെടുത്തിട്ട മത്സ്യം പോലെ പെടുന്ന പരമവ്യാകുളത വെള്ളത്തിന് മത്സ്യത്തിനെ പുറത്തെടുത്തിട്ടാൽ അതിനൊരു അസ്തിത്വവും ഇല്ല ശ്വാസം മുട്ടിപ്പോകും വീണ്ടും വെള്ളത്തിലെടുത്തിട്ടാൽ അതിനെന്തൊരാശ്വാസമോ അതുപോലെയാണ് ദുസ്സംഗത്തിൽപ്പെട്ട ഒരു ഭക്തന്റെ മനസ്സ് അത് വീണ്ടും സത്സംഗത്തിലേക്ക് വരുമ്പോ സത്സംഗത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ പ്രഭാഷണം കേൾക്കണമെന്നോ രണ്ടുപേര് വർത്തമാനം പറയണമെന്നോ അർത്ഥം മാത്രമല്ല സൂക്ഷ്മ തലത്തിൽ ഭഗവത് സ്മൃതി തന്നെ സത്സംഗം ഭഗവാനെ ധ്യാനിക്കുന്നത് തന്നെ സത്സംഗം ധ്യാനം തന്നെ സത്സംഗം ധ്യാനത്തില് മനസ്സ് സത്വുമായിട്ടുള്ള സംഘത്തില് ഏർപ്പെടുന്നു സത്ത് ഭഗവാന്റെ സ്വരൂപമാണ് സത്യം അതാണ് ഭാഗവതത്തിൽ സത്യം പരം ധീമഹി എന്ന് ഭാഗവത ആരംഭിക്കുന്നു കൃഷ്ണൻ അവതരിക്കുമ്പോഴും ഭഗവാനെ സത്യസ്വരൂപനായിട്ട് തന്നെ സ്തുതിക്കുന്നു സത്യവ്രതം സത്യപരം സത്യം നിഹിതം ചത്യേ സത്യം വൃതസത്യ നേത്രം സത്യാത്മകം ടം പ്ര സത്യസ്വരൂപൻ എന്ന സത്യം എന്ന പേരോടുകൂടെ തന്നെ ഭഗവാനെ വിളിക്കാൻ ഭഗവാനെ വേറെ ഒരു പേരുകൊണ്ടും വിളിക്കാൻ പറ്റില്ല ഭഗവാന്റെ സ്വരൂപം എന്താണ് സത്യം ആണ് ഒരിക്കലും മാറാത്തത് സത്യത്തിനെ ആശ്രയിച്ചാൽ നമുക്കും നമ്മളും സത്യസ്വരൂപികളായിട്ട് തീരും സത്വമായിട്ട് സംഘം വെച്ചാൽ സത്യം നമ്മളുടെ ഉള്ളില് പ്രകാശിക്കും നമ്മളെ സത്യസ്വരൂപികളായിട്ട് തീരും അപ്പോ സത്സംഗം ഭഗവത് പ്രാപ്തിക്ക് സത്സംഗം പോലെ ഒരു മാർഗം വേറെ ഒന്നുമില്ല സത്സംഗത്തിലെ ജാതിമത ഭേദം അല്ലെങ്കിൽ സ്ത്രീ പുരുഷം മനുഷ്യൻ മൃഗം മുതലായിട്ടുള്ള ഭേദം പോലും ഇല്ല മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ സത്സംഗം കൊണ്ട് രക്ഷപ്പെടും എന്നാണ് ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ തന്നെ ഉദ്ധവരോട് പറയുന്നു യാസുദാനാഹാ മൃഗാഹ ഗന്ധർവ്വ അപ്സരസോ നാഗാഹ യക്ഷാ കിന്നര ഗന്ധർവാഹ സിദ്ധാ ചാരണാഹ എത്രയോ പേര് മൃഗങ്ങള് പക്ഷികള് ഇതൊക്കെ സത്സംഗം കൊണ്ട് രക്ഷപ്പെട്ടു ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറയുന്നു കൊതുക് ആയിട്ട് ജനിച്ചാലും വേണ്ടല്ലോ സത്സംഗം കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടുകളയോ അത്രേ മശകത്വം വൃഗം പക്ഷിയൊക്കെ കൊതുക് സത്സംഗത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോ ഒരാളെ ഒരു കടികടിക്കാനായിട്ട് വന്നിരിക്കും അപ്പൊ സത്സംഗത്തില് ഇരിക്കുന്ന കൊതുക് നമുക്ക് പറയാൻ പറ്റില്ല ഈ കൊതുക് മുതലായിട്ടുള്ള മൃഗങ്ങളൊക്കെ അന്നമയ ജീവികളാണ് ചിലപ്പോ ഈ ഭക്തൻ ഭക്തിയില് നിറഞ്ഞിരിക്കുമ്പോ നമ്മൾ ഏത് ഭാവത്തിൽ ഇരിക്കണോ അതുപോലെ നമ്മളില് രക്തചംക്രമണവും അതുപോലെ ഉണ്ടാവും നമ്മളുടെ രക്തം കുടിച്ചാൽ ചിലപ്പോ കൊതുക് രക്ഷപ്പെട്ടു പോകും അപ്പോ നരവന മൃഗത്തുമതകീട്ടം വിഹഗത്ത സദാ ത്പാദസ്മരണ പരമാനന്ദനഹരി വിഹാരാസക്തം ചേത് ഹൃദയമഹേന വപുഷാ നര ത്വ നഗവന മൃഗത്തായിട്ട് ജനത്തെ അല്ലാതെ ദേവനായിട്ട് ജനിക്കട്ടെ മനുഷ്യനായിട്ട് ജനിച്ചാൽ പ്രയോജനം എന്താണ് ഭഗവത്പ്രാപ്തി സത്സംഗം സത്സംഗം കിട്ടുകയാണെങ്കിൽ നരത്വം മനുഷ്യ ജന്മ ആയിക്കോട്ടെ ദേവത്വം സത്സംഗം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ നഗവന മൃഗത്വം കാട്ടിലോ മലയിലോ മൃഗമായിട്ട് ജനിക്കുകയാണെങ്കിലും സത്സംഗം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ ൃഗത്വം മശകത മസകം എന്ന് വെച്ച കൊതുക് കൊതുക് മൂട്ട എന്ത് വേണമെങ്കിലായിട്ട് ജനിച്ചാലും വേണ്ടില്ല സത്സംഗം കിട്ടുകയാണെങ്കിൽ ആനന്ദ പരമാനന്ദ വിഹാരാസക്തം ചെയ്ത് ഹൃദയം ഭഗവത്ഭക്തിയാകുന്ന പരമാനന്ദ വിഹാരാസക്തം ചെയ്ത് ഹൃദയം ഹൃദയം ഭഗവത് അനുഭൂതിയാകുന്ന ആനന്ദലഹരിയിൽ വിഹരിക്കുക എന്നുള്ളതിൽ ആസക്തമായി നിൽക്കുകയാണെങ്കിൽ കൊതുകായിട്ട് ജനിച്ചാലും വേണ്ടില്ല ഇല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ചിട്ടും എന്ത് പ്രയോജനം അപ്പൊ സത്സംഗത്തില് സാധുക്കളുടെ സംഘത്തിൽ മഹാത്മാക്കളുടെ സംഘത്തിൽ വരുമ്പോ കൊതുകാണോ എന്ന് നോക്കില്ല ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ കൊതുകിനും മുപ്പിക്കുക എല്ലാരെയും കരകയറ്റി വിടാൻ അവർ തയ്യാറാണ് മഹാത്മാക്കൾ തയ്യാറാണ് ഒരു മഹാത്മാ ഒരു കഥ പറഞ്ഞു ഈ മനുഷ്യൻ മനുഷ്യജന്മത്തിൽ സാധുക്കൾ ഉണ്ടായി നല്ലവരെ ചീത്ത ആളുകള് യാതൊന്നും നോക്കാതെ കരകയറ്റി വിട അതിനൊരു കഥ എന്താന്ന് വെച്ചാല് യമധർമ്മന്റെ മുമ്പില് യമലോകത്തിൽ ഒരു ആനയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക എന്നുവച്ചാൽ ചത്തുകഴിഞ്ഞിട്ട് ഒരു ആന അവസാന നിയമം ഇയാളിപ്പൊ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ട് പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് ഒരു ആനയെ യമന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു യമൻ ഈ ആനയെ പൊളിച്ച ചീത്ത പറയാൻ പറയാണ് തന്നെ ഞാൻ ആദ്യം ഒരു എലിയാക്കി അപ്പൊ തന്നെ മനുഷ്യൻ കൂടുവെച്ച് പിടിച്ചു പിന്നീട് ചത്തിട്ട് ഇവിടെ വന്നപ്പോ തന്നെ ഞാനൊരു പൂച്ചയാക്കി അപ്പൊ നീ ഒരു മനുഷ്യനെ അടിമയായിട്ട് പിന്നാലെ നടന്നു അവസാനം തന്നെ ഒരു നായ ആക്കിയപ്പോ മനുഷ്യന്റെ പുറകെ വാലുവാട്ടി നടത്തണം ഇങ്ങനെ എന്തൊക്കെ ആക്കി നിവൃത്തിയില്ല മനുഷ്യനേക്കാളും ബലമുള്ള ഒരു മൃഗമാക്കണം എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ആനയാക്കി എന്നിട്ടോ തന്നെ മനുഷ്യൻ തന്റെ മേലെ കയറിയിരിക്കലും തല്ലലും തന്നെ കൊണ്ടുനടക്കലും തന്നെ കൊണ്ട് പണിയെടുപ്പിക്കലും ആ ആന യമധർമ്മനോട് പറഞ്ഞു യമധർമ്മരാജാവേ മനുഷ്യന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് അങ് ഇങ്ങനെ പറയണത് ഒരു മനുഷ്യനുമായിട്ട് സമ്പർക്കത്തിൽ വന്നാലേ അങ്ങക്ക് അറിയുള്ളൂ മനുഷ്യൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നെ ചീത്ത പറയണത് ആ ആ ആ ഞാൻ എത്ര മനുഷ്യരെ കണ്ടിരിക്കുന്നു അതെ അതെ ഇപ്പൊ ചത്തിട്ടല്ലേ കാണുന്നു ജീവനോട് ഒന്നിനെ പിടിച്ചോണ്ട് വരുവോ അപ്പഴേ ഇതൊക്കെ ചത്തിട്ടുകൊണ്ട് വന്നപ്പോ വയ്യ ജീവനോടെ ഒന്നിനെ പിടിച്ചോണ്ട് വന്നിട്ട് അങ്ങയുടെ ശൗര്യം കാണിക്ക എന്ന് ഈ ആന യമനെ ഒന്ന് ചാലഞ്ച് ചെയ്തു നടമധർമ്മൻ എന്തു ചെയ്തു തന്റെ കിങ്കരന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ആനയോട് വാശിക്കായിക്കൊണ്ട് ഒരു മനുഷ്യനെ ജീവനോടെ പിടിച്ചോണ്ട് വരാനായിട്ട് അപ്പൊ ഇവരെ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടന്നു അപ്പൊ ഒരു സ്ഥലത്തൊരു ഭക്തൻ ഒരാള് കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പൊ കട്ടില് കാലോടുകൂടെ പൊക്കിക്കൊണ്ട് യമഹിങ്കരന്മാര് യമലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പൊ പോകുന്ന വഴിയിൽ ഇയാള് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കി എവിടേക്കോ പറക്കുകയാണ് ഇയാൾ ഉടനെ ഒന്നും കൂസലില്ലാതെ പാക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ എന്തോ എഴുതി വീണ്ടും പാക്കറ്റിൽ ഇട്ടോട്ട് കിടന്നുറങ്ങി തരാം നേരെ കൊണ്ടുപോയി യമലോകത്തിൽ കൊണ്ടുപോയി കട്ടിൽ വെച്ചു കട്ടിൽ വെച്ചിട്ട് ഇയാൾ ആരാണ് ചോദിച്ചു യമൻ ഇയാൾ ഉടനെ ഈ കോടതിയിലേക്കൊക്കെ ഈ പേപ്പറൊക്കെ ജഡ്ജിന്റെ അടുത്തേക്ക് കൊടുക്കുന്ന പോലെ ചിത്രഗുപ്തന്റെ കയ്യിലേക്ക് ഈ പേപ്പർ കൊടുത്തു ഈ പേപ്പറെടുത്ത് യമൻ വായിച്ചതും എഴുന്നേറ്റം ഒന്നും സല്യൂട്ട് സല്യൂട്ട് ചെയ്ത് തന്റെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു ഇയാളെ ഇരുത്തി എന്താ പേപ്പറിൽ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ പ്രിയപ്പെട്ട യമധർമ്മൻ അറിയാനായിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ എഴുതുന്നത് ഈ വരുന്ന ആള് എന്റെ സേവകനാണ് അതുകൊണ്ട് ഇന്ന് തന്റെ പോസ്റ്റ് ഇദ്ദേഹത്തിനായി ഒഴിഞ്ഞുകൊടുക്കേപ്പഴു കൊടുത്തിരിക്കമൻ ഉടനെ ഒഴിഞ്ഞുകൊടുത്തിട്ട് സ്ഥാനം മാറി ചോട്ടലിരുന്നു ഇദ്ദേഹം യമന്റെ സീട്ടിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാളെ കൊണ്ടുവന്നു മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഇയാൾ കുറ്റം ചെയ്തു ഇയാൾ നാലുപേരെ കുത്തിക്കൊന്നു ഇവനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ചിത്രഗുപ്തൻ ഇയാൾക്ക് വേണ്ട ശിക്ഷയൊക്കെ വായിക്കാൻ ചിത്രഗുപ്തൻ അപ്പൊ പറഞ്ഞു ആ പുസ്തകമൊക്കെ മടക്കി വയ്ക്കുക ഇവനെ നേരെ വൈകുന്ധത്തിലേക്ക് അയയ്ക്കും എന്താണെന്ന് പറയുന്നത് നാലുപേരെ കുത്തി അയക്കാൻ പറഞ്ഞേ അയക്കുക ഇപ്പൊ ഞാനാണ് യമൻ വൈകുണ്ഠത്തിലേക്ക് അയച്ചു കുറച്ച് കഴിഞ്ഞ് വേറെ ഒരാള് വന്നു നാട്ടിൽ ഒരുപാട് കള്ളത്തരം ചെയ്ത ആള് പറ്റിക്കലും മറ്റും ഒക്കെ ചെയ്ത ആള് കൊണ്ടുവന്ന് ഇരുത്തി ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ഒരുപാട് കള്ളക്കണക്കെഴുതി പണം പിഴിഞ്ഞി ഇയാള് നേരെ വൈകുണ്ഠത്തിലേക്ക് അയക്കുക കുറച്ച് കഴിഞ്ഞ് വേറെ പാർട്ടി വന്നു ഇതേപോലെ അനേകം ദുഷ്ടന്മാരെ നമ്മൾ പറയുന്ന അഭിജേത് സുദുരാചാര ദുരാചാരികൾ വരിവരി വരി വരിയായിട്ട് വരണം ഇവരൊക്കെ വൈകുണ്ഠത്തിലെ വൈകുണ്ഠത്തിൽ സീറ്റില്ല റൂം ഒഴിഞ്ഞു കിടന്നതൊക്കെ ഭഗവാന് തന്നെ ആശ്ചര്യമായി അത്ര ഇത്രയധികം ആള് വൈകുണ്ഠത്തിൽ ഈ അടു ഒരിക്കലും വന്നിട്ടില്ല അപ്പൊ ഭഗവാൻ ചോദിച്ചു അത്ര ഈ ജയവിജയന്മാരെ വിളിച്ചു ഇവരൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നത് ഇവരൊക്കെ വേമലോകത്തൊന്ന് ഡയറക്ടായിട്ട് ഭൂമിയിൽ ഏതെങ്കിലും മഹാത്മാവ് അവതരിച്ചോ എല്ലാവർക്കും ജ്ഞാനം ഉണ്ടായി ഭക്തി ഉണ്ടായി വൈകുണ്ഠത്തിലേക്ക് വരി വരിയായിട്ട് വരാൻ എന്ത് പറ്റി യമലോകത്തൊന്നും എല്ലാരും വൈകുണ്ഠത്തിലേക്കാണല്ലോ ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിലേക്ക് വന്നു യമനോട് ചോദിച്ചു അത്ര എന്താ ഇപ്പൊ ഇത്രയധികം ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വൈകുണ്ഠത്തിലേക്ക് ഒരു വരവ് യമൻ പറഞ്ഞു എനിക്കും അറിയില്ല നിങ്ങൾ ആരെയോ ഒരാൾ അയച്ചു ഞാൻ അദ്ദേഹത്തിന് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞയക്കണതാ ഞാൻ ആരെയും അയച്ചില്ലല്ലോ എന്നാ പോയി ചോദിച്ചുകൂടാവിടെ ഒരാളയിരിക്കണ ഭഗവാൻ നേരെ ചെന്നു ഭഗവാനെ കണ്ടത് എഴുന്നേറ്റ് നമസ്കരിച്ചു തന്നെ ആരാ അയച്ചത് അന്ന് തന്നെ അയച്ചത് ഞാനോ ആ അങ്ങല്ലാതെ പിന്നെ ആരാ ലോകത്തിലെല്ലാരെയും അയക്കണത് എല്ലാരെയാണ് അല്ലാന്നിപ്പോ വിഷ്ണു ഭഗവാനും പറയാൻ പറ്റുമോ ഏഹ് ആട്ടെ എന്തിനാ വൈകുണ്ഠത്തിലേക്ക് അയച്ചത് നല്ലവൻ ചീത്ത ആളെന്നൊക്കെ ഭഗവാനെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ഒരു സ്ഥാനം തന്ന് ആളുകളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവരെയൊക്കെ എവിടേക്ക് അയക്കണം വൈകുണ്ഠത്തിലേക്കും നരകത്തിലേക്കും കുറച്ച് ബുദ്ധിയുള്ളവരാണെങ്കിൽ നല്ലവർ ചീത്ത ആളൊന്നും നോക്കാതെ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നതാണ് നല്ലത് അതല്ല എന്ന് പറഞ്ഞ പറയൂ ഭഗവാനെ ഒന്നും പറയാൻ നിർത്തിയില്ല എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോളാം ഞാൻ അയച്ചത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ അയച്ചവരെയൊക്കെ വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കിക്കൂടാം പക്ഷെ ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം മാറ്റേണ്ടി വരും യദ്ഗത്വാനിന്റെ ആ ശ്ലോകം അങ്ങോട്ട് മാറ്റാം എവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവില്ലയോ അതെന്റെ പരമധാമമാണെന്ന് ആ ശ്ലോകം പറയാൻ പാടില്ല ഇതിപ്പോ വെറുതെ ഒരു ചാതുര്യത്തിന് ഒരു കഥ പറഞ്ഞു ഈ കഥയുടെ സാരം എന്താന്ന് വെച്ചാൽ സാധുക്കൾ ദുരാചാരിയാണോ സദാചാരിയാണോ നല്ലവനാണോ ചീത്തയാണോ യാതൊന്നും നോക്കാതെ ഈ പരമസത്യത്തിനെ ബോധിപ്പിക്കുന്നവരാണ് ഭക്തിക്ക് ഇതൊന്നും പ്രശ്നമല്ല നമുക്ക് എന്തൊക്കെ ദുർഗുണമുണ്ടോ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കുട്ടി എത്ര ചീത്തയാണെങ്കിലും അമ്മ ഏറ്റെടുത്തുള്ളൂ കുപുത്രോ ലായേത ക്വചിത കുമാതാന ഭവതി അപ്പൊ എത്ര ദുരാചാരിയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ശരി അഭയം സർവഭൂതോ ദാമി ഏതത് വ്രതം മമ രാമായണത്തില് വിഭീഷണ ശരണാഗതി ഘട്ടത്തില് ഭഗവാൻ പറയുന്നു വിഭീഷണൻ അല്ല ഇനി ഇപ്പൊ രാവണൻ തന്നെ വന്നു പറയുകയാണെങ്കിലും ഞാൻ അങ്ങയുടെ എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റ് ചെയ്ത അപചാരം ഒക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക ആ ഫയലൊക്കെ അന്നത്തോടെ ക്ലോസ് ചെയ്യാണ് എപ്പോ ഒരു ജീവൻ ഭഗവാനെ വരിക്കുന്നു ലോകത്തിനെ വിട്ട് ഈശ്വരനെ വരിക്കുന്നു അസത്തിനെ വിട്ട് സത്തിനെ വരിക്കുന്നു തമസിനെ വിട്ട് പ്രകാശത്തിനെ വരിക്കുന്നു ജഡത്തിനെ വിട്ട് ചൈതന്യത്തിനെ എപ്പോ വരിക്കുന്നു ആ ക്ഷണം ജഡത്തിന്റെ ധർമ്മങ്ങളൊക്കെ ഇവനെ വിട്ടുപോകും അതാണ് സത്സംഗം അസത്തിനെ എത്രകാലം എത്രകാല ഉണ്മയെന്ന് വരിച്ചുകൊണ്ടിരിക്കുന്നു അത്രകാലവൻ എത്ര നല്ലവനാണെങ്കിലും ദുഃഖിക്കേണ്ടി വരും സദാചാരിയാണെങ്കിലും ശരി സദ്ഗുണസമ്പന്നനാണെങ്കിലും ശരി എല്ലാ അനുഷ്ഠാനങ്ങളും ആധാരങ്ങളും ഉള്ളവനാണെങ്കിലും ശരി അവൻ സത്തിനെ വരിച്ചിട്ടില്ലെങ്കിലും എന്നുവെച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാനാണെന്നും ഭഗവാൻ മാത്രമാണ് ഉണ്മയായിട്ടുള്ളതെന്നും എന്നുള്ള വസ്തുസ്ഥിതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇയാളെ അസത്ത് ദുഃഖിപ്പിക്കും ഇയാളെ അസത്ത് ദുഃഖിപ്പിക്കും നേരെ മറിച്ച് अभीदुराचाररम दुराचारियां इतनेवीक सत्संगे वुराचार अगे भगवा धर्मात्म शांति कौंते क्षिप्रम भवती धर्मात्म अब धर्मात्मा श्रेष्ठन तीरु ई सदाचार कड़को मोटू ക്ഷിപ്രംഭവതി ധർമാത്മാ അതുമാത്രമല്ല ശശ്വത് ശാന്തിക ഭഗവാനെ സ്വീകരിച്ചതുകൊണ്ട് സത്വമാത്രം ഉണ്മ എന്ന് സ്വീകരിച്ചതുകൊണ്ട് തന്നെ അയാൾ സത്യവ്രതനാണ് സത്യവ്രതനായതുകൊണ്ട് തന്നെ ശാന്തിം നികച്ചതി ശാന്തിയെ പ്രാപിക്കും ശശ്വത് ശാന്തി ശാശ്വതമായ ശാന്തി അല്പനേരത്തേക്കുള്ള ശാന്തിയല്ല ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കും പ്രണശ്യതി അയാള് സത്യത്തിനെ സ്വീകരിച്ചാൽ ഭഗവാനെ സ്വീകരിച്ചാൽ ഭഗവാൻ ഭക്തനെ സ്വീകരിക്കും സത്സംഗത്തിനെ ആശ്രയിച്ചാൽ സത്സംഗം ഈ ജീവനെ അത്യധികം ശുദ്ധം ചെയ്യും ശുദ്ധം ചെയ്ത് വിമുക്തിക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കും മഹാത്മാക്കള് അവതരിക്കുന്നത് നമ്മളെ പടിപ്പടിയായി കരകയറ്റി വിടാനാണ് അവിടെവിടെ നമ്മൾ വഴിതെറ്റി നിന്നുപോകും അധ്യാത്മസാധന ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ എന്തൊക്കെ തന്നെ പൗരുഷത്തിന്റെ ബലം പറഞ്ഞാലും ഓരോ ഘട്ടത്തിലും നമുക്ക് എവിടെയെങ്കിലും ആ അദൃശ്യ ഭാഗവതത്തിൽ പറയുന്ന അവിജ്ഞാത സഖാവിന്റെ സ്പർശം വേണം അവിജ്ഞാത സഖാവായിട്ട് ഭഗവാൻ സാധുക്കളുടെ രൂപത്തിലും ജ്ഞാനികളുടെ രൂപത്തിലും മഹാത്മാക്കളുടെ രൂപത്തിലും മുമ്പിൽ വന്ന് അവിടെ എവിടെ എവിടെ എവിടെയായിട്ട് നമ്മളെ വഴി കാട്ടിവിടും മുന്നോട്ട് നയിക്കും ആ മുന്നോട്ട് നയിക്കലാണ് സത്സംഗത്തിന്റെ ബലം ആദ്യമേ ആ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ ഭജഗോവിന്ദം ആരംഭിക്കുന്നത് ബാക്കി ആദ്യത്തെ ശ്ലോകം പിന്നീട് പറയാം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഈ ഒരു ശ്ലോകം അപ്പൊ എല്ലാ ശ്ലോകവും ഒന്നും നമുക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ലേ അഞ്ചു ദിവസം കൊണ്ട് സച്ചംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി സത്സംഗം നമുക്ക് ആദ്യം പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ നീക്കും പഴയ കാലത്തെ ഗ്രാമഫോൺ പ്ലേറ്റ് ഇപ്പോഴൊക്കെ സി ഡി വരുന്നത് പോലെ പഴയ ഗ്രാമഫോൺ പ്ലേറ്റ് അതിലൊരു പിന്നു വെക്കും എടുത്ത് ഇപ്പോഴും പല വീടുകളിലും ഉണ്ട് എവിടെങ്കിലുമൊക്കെ ആ പ്ലേറ്റിലെത്തിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ട്രാക്കിൽ ചിലപ്പോ പിൻ കുടുങ്ങിപ്പോയാൽ പാടിയ പാട്ടേ പാടിക്കൊണ്ടിരിക്കും ആ ട്രാക്കിന്ന് പുറത്തു വരാൻ പറ്റില്ല പുനരഭി ജനനം പുനരഭി മരണം ശയനം പാടിയ പാട്ടേ പാടിക്കൊണ്ടിരിക്കും പിന്നെ അടുത്ത ട്രാക്കിൽ വന്ന് അത് പൂർണമാവണമെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ എടുത്ത് ശരിയായ സ്ഥാനത്ത് വെക്കണം വെച്ചാൽ അത് പതുക്കെ ശരിയായ ട്രാക്കിൽ വീണ് പാടി അവസാനിപ്പിക്കും അതുപോലെ ഈ ജീവൻ പല സ്ഥലത്തും കുടുങ്ങിപ്പോകും കുടുങ്ങുന്നത് എവിടെയാ അജ്ഞാനത്തിലാണെ അവിദ്യയിലാണോ കുടുങ്ങുന്നത് അവിദ്യ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അനേകം ബ്ലോക്ക് ഉണ്ടാകും പല അതൊക്കെ ഈ സത്സംഗത്തിൽ വരുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നീങ്ങിക്കിട്ടും അതുകൊണ്ട് സത്സംഗം ഏറ്റവുമധികം ആശ്രയിക്കേണ്ട ഒരു കാര്യമാണ് സത്സംഗത്തിൽ ഏർപ്പെടുന്ന ജീവന് പതുക്കെ ബ്രഹ്മതത്വനിശ്ചയം ഉണ്ടായിത്തുടങ്ങും പുറമേക്കുള്ള സത്സംഗം അകമേക്കുള്ള സത്സംഗമായിട്ട് മാറും പുറമേക്ക് സത്തുമായിട്ടുള്ള സംഘം ജ്ഞാനികളുമായിട്ടുള്ള സംഘം ജ്ഞാനികളുമായിട്ട് സംഘം ഏർപ്പെടുമ്പോ ജ്ഞാനികൾ ആരാണ് ബ്രഹ്മസ്വരൂപികളാണ് ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് നിൽക്കില്ല ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മത്തിനെ അറിഞ്ഞവനായിട്ട് നിൽക്കില്ല അവനെ ബ്രഹ്മസ്വരൂപം അവനെ ജ്ഞാനി വേറെ ഭഗവാൻ വേറെയല്ല ജ്ഞാനീ ആത്മൈവമേ മതം എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ സ്വയമേവ ബ്രഹ്മസ്വരൂപിയായിട്ട് തന്നെ നിൽക്കുന്നത് അങ്ങനെയുള്ള മഹാത്മാക്കളെ കാണുന്നത് തന്നെ ഭഗവാന്റെ സഗുണരൂപ ദർശനമാണ് ആത്മാവിന്റെ ഒരു ആത്മാനുഭവം നമുക്ക് പുറമേക്ക് ആ രൂപത്തിൽ കാണുമ്പോൾ ഏർപ്പെടുന്നു പക്ഷെ അത് ശാശ്വതമല്ല ആ സത്സംഗത്തിൽ നമുക്ക് ഏർപ്പെടുന്ന ശാന്തി ആ ജ്ഞാനികളുടെ സ്വാനുഭവം നമുക്ക് അല്പ അല്പല്പം കിട്ടും അവരനുഭവിക്കുന്നത് നമുക്ക് പതുക്കെ പതുക്കെ വാക്കുകളിലൂടെയും സാന്നിധ്യത്തിലും അല്പല്പം ഏർപ്പെടും ഏർപ്പെടുമ്പോ പതുക്കെ നമുക്ക് ഒരു ബോധം ഉള്ളിൽ ഉദിച്ചു തുടങ്ങും സത്സംഗത്തിൽ സത്സംഗത്തിലെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താ ഏറ്റവും വലിയ ഒരു സന്ദേശം സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഓർത്തോണ്ണം അസത്തിനോടുള്ള പിടിവിടലാണ് സത്സംഗം സത്തിനെ ചേരാനൊന്നുമില്ല സത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാന ശ്ലോകം നാസത്തോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സതഹ ഉഭയോരഭി ദൃഷ്ടോന്തസ്വനയോ തത്വദർശിഭി ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ സാങ്ക്യയോഗത്തില് സദസത് വിവേചനം ആ ശ്ലോകം ഗീതയിലെ ഏറ്റവും പ്രധാന ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാന ശ്ലോകമാണ് ആചാര്യസ്വാമികളും അല്പം വിസ്തരിച്ച് ഭാഷ്യം എഴുതിയിട്ടുള്ളത് ആ ശ്ലോകത്തിനാണ് ഗീതയിൽ മർമ്മമാണ് ആ ഒരു ശ്ലോകം പിടികിട്ടിയാൽ നമുക്ക് ഏകദേശം നല്ലവണ്ണം ഗീത മനസ്സിലായി എന്നർത്ഥം അസത്തിന് ഭാവമില്ല സത്തിന് അഭാവമില്ല കാര്യം എത്രയേ ഉള്ളൂ സത്യ ഒരിക്കലും ഉള്ളത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും പ്രയോജനപ്പെടില്ല എങ്ങനെ മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ ദൂരത്തുനിന്ന് കാണും പക്ഷെ പോയി കുടിച്ചിട്ട് ദാഹം തീർക്കാനൊന്നും പറ്റില്ല ദൂരത്തിൽ നിന്ന് മരുഭൂമിയിൽ കാണും മരുമരീശിക്കാം മൃഗതൃഷ്ണി കാണണം ആ വെള്ളം കണ്ടിട്ട് കുടിക്കാനായിട്ട് ഓടും അതും